അവർ പറഞ്ഞു താങ്കൾ ഞങ്ങളുടെ അടുക്കൽ വരുന്നതിനു മുമ്പും വന്നതിനു ശേഷവും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളുടെ രക്ഷിതാവ് നശിപ്പിക്കുകയും ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം നൽകുകയും ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നവൻ നോക്കും